ആസയുടെ വാഴ്ചയുടെ മുപ്പത്തി ആറാം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ ബേശ യഹൂദയ്ക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിക്കാത്തവണ്ണം രാമയെ പണിത് ഉറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ണാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ദമ്മേശക്കിൽ വസിച്ച അരാം രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രയേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്നവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറഞ്ഞു ബൻഹദദ് ആസാ രാജാവിന്റെ വാക്കുകേട്ട് തന്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു അവർ ഇയോനും ദാനും ആബേൽ മയിമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി ബൈഷാ കേട്ടപ്പോൾ രാമയെ പണിയുന്ന തന്റെ പ്രവൃത്തി നിർത്തിവെച്ചു അപ്പോൾ ആസാ രാജാവ് യഹൂദിരെയൊക്കെയും കൂട്ടി ബൈഷാ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി അവൻ അവ കൊണ്ട് ഗേബയും മിസ്ബയും പണി തുറപ്പിച്ചു ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു കുശിരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിര ചേവകരോടും കൂടിയ ഒരു മഹാ സൈന്യമായിരുന്നില്ലയോ എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവനവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും അപ്പോൾ ആസ ദർശകനോട് ക്രൂധിച്ച് അവനെ കാരാഗ്രഹത്തിൽ ആക്കി ഈ കാര്യം നിമിത്തം അവന് അവനോട് ഉഗ്ര കോപമുണ്ടായിരുന്നു ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു ആസയുടെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസയ്ക്ക് തൻറെ വാഴ്ചയുടെ മുപ്പത്തൊമ്പതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു ദീനം അതികഠിനമായിരുന്നു എന്നാൽ അവൻ തൻറെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രേ ആസ തൻറെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തന്റെ വാഴ്ചയുടെ നാൽപ്പത്തൊന്നാം ആണ്ടിൽ മരിച്ചു അവൻ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായിട്ട് വെട്ടിച്ചിരുന്ന സ്വന്ത കല്ലറയിൽ അവനെ അടക്കം ചെയ്തു വൈദ്യന്മാരുടെ യോഗപ്രകാരം സുഗന്ധവർഗവും പലതരം പരിമള നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനുവേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു